ഓ മനുഷ്യരേ ഒരു ഉദാഹരണം നൽകപ്പെട്ടിരിക്കുന്നു അതിനാൽ അത് ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങൾ അള്ളാഹു സുബാനഹുവ തയാലാക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എല്ലാവരും ഒത്തുചേർന്നാൽ പോലും ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ അവർക്ക് കഴിയില്ല ഒരു ഈച്ച അവരിൽ നിന്നെന്തെങ്കിലും തട്ടിയെടുത്താൽ അത് തിരിച്ചുപിടിക്കാൻ അവർക്ക് സാധിക്കുകയുമില്ല തേടുന്നവനും തേടപ്പെടുന്നവനും എത്ര ദുർബലരാണ്